െ പ്രിയുള്ളവരെ നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച് കഴിഞ്ഞു നമ്മൾ മർക്കോസിന്റെ സുവിശേഷം ആദ്യത്തെ രണ്ടധ്യായങ്ങളെ നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം ഇവിടെ മത്തായി എഴുതിയ സുവിശേഷവുമായിട്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിന് ചില വ്യത്യാസങ്ങളുണ്ട് മത്തായി എഴുതിയ സുവിശേഷം അത് അത് പ്രാഥമികമായിട്ടും യഹൂദന്മാരുടെ വാഗ്ദത്ത കർത്താവായി യേശു ക്രിസ്തു എന്ന് സ്ഥാപിക്കുന്ന അതിന് ഊന്നൽ നൽകുന്ന ആ നിലയിലാണ് മത്തായി തൻ്റെ ആ സുവിശേഷം എഴുതുന്നത് നമ്മളതിൻ്റെ തുടക്കത്തിൽ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാമത്തെയായ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ അവിടെ നമ്മൾ കാണുന്നത് അബ്രഹാമിൻ്റെ മകനായ ദാവീദിൻ്റെ പുത്രനായ എന്ന് പറഞ്ഞ് കർത്താവായി യേശു ആ നിലയിലുള്ള യഹൂദ പാരമ്പര്യത്തിലുള്ള ആ വംശാവലി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് എന്നാൽ മർക്കോസ് അങ്ങനെ ഒരു വംശാവലി പറഞ്ഞുകൊണ്ടല്ല തുടങ്ങുന്നത് മർക്കോസ് എന്താ ദൈവപുത്രനായി യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞങ്ങ് തുടങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മത്തായി യഹൂദന്മാരുടെ വാഗ്ദത്ത മശിയായാണ് യേശു എന്ന് സ്ഥാപിക്കുന്ന ആ കാര്യത്തിന് ഊന്നൽ നൽകുമ്പോൾ മർക്കോസ് യേശുവിൻ്റെ ദൈവത്വത്തിന് പ്രാധാന്യം നൽകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതുപോലെ മത്തായി യേശുവിൻ്റെ പ്രസംഗങ്ങളും യേശുവിൻ്റെ ഉപദേശങ്ങളും വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഗിരിപ്രഭാഷണം തന്നെ മത്തായി എഴുതി ദിവസത്തിന് ശേഷം അഞ്ചും ആറും ഏഴും അധ്യായങ്ങളിൽ മൂന്ന് അധ്യായങ്ങളിലായിട്ട് വിശദമായിട്ട് മത്തായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മർക്കോസിന്റെ സുവിശേഷം നമ്മൾ നോക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞതിനെക്കാളും യേശു ചെയ്ത കാര്യങ്ങളാണ് അതിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പെട്ടെന്ന് വളരെ വേഗത്തിൽ നമുക്ക് മത്തായിയുടെയും മർക്കോസിൻ്റെയും സുവിശേഷങ്ങൾ നോക്കുമ്പോൾ രണ്ട് വ്യത്യാസങ്ങൾ പ്രകടമായിട്ട് കാണാം മത്തായി യഹൂദന്മാരുടെ വാഗ്ദത്ത മഷിഹായയാണ് എന്ന് തെളിയിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മർക്കോസ് സർവർക്കും വേണ്ടിയുള്ള യേശുവിൻ്റെ ആ ദൈവത്വത്തെ ഊന്നിയാണ് ദൈവമുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമെന്ന് പറഞ്ഞു ആരംഭിക്കുന്നു അതുപോലെ തന്നെ മത്തായി യേശുവിൻ്റെ പ്രസംഗങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ മർക്കോസ് എന്താ ചെയ്യുന്നത് മർക്കോസ് യേശുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നു പ്രസംഗങ്ങൾ അങ്ങനെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലെന്നല്ല എന്നാൽ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾക്കാണ് കൂടുതലെ ഊന്നല നൽകിയിട്ടുള്ളത് നമ്മൾ ഇവിടെ നമ്മൾ മർക്കോസിനെക്കുറിച്ച് കാണുമ്പോൾ മർക്കോസാണ് ഈ ലേഖനം ക്ഷമിക്കണം ഈ സുവിശേഷം എഴുതിയതെന്ന് പറയുമ്പോൾ മർക്കോസ് യേശുവിൻ്റെ ജീവിതത്തെ വളരെ അടുത്ത് നിന്ന് ആ നിലയിൽ കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് മർക്കോസ് ഈ സുവിശേഷം എഴുതുന്നത് എന്നൊരു സംശയം നമുക്ക് തോന്നാം ോഹന്നാൻ്റെ സുവിശേഷം യോഹന്നാൻ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട് എന്നാൽ മർക്കോസ് ആ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരാളായിട്ടല്ല നമ്മൾ മർക്കോസിനെ കുറിച്ച് അറിയുന്നത് ഈ സുവിശേഷത്തിൻ്റെ രചയിതാവായ മർക്കോസ് ആരാണ് നമുക്ക് വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം അപ്പൊ സില പ്രവർത്തി പന്ത്രണ്ടാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എരുശിലേ സഭയിൽ അന്നുണ്ടായിരുന്ന മറിയ എന്നൊരു സഹോദരിയെക്കുറിച്ച് നമ്മൾ കാണുന്നു അവൾക്ക് എരിശിലേമിൽ ഒരു വീടുണ്ടായിരുന്നു പത്രോസിനെ ഹേരതാവ് ജയിലിലാക്കിയപ്പോൾ തടവിലാക്കിയപ്പോൾ സഭ എരിശിലേ സഭ ഈ മറിയയുടെ വീട്ടിലാണ് കൂടി ശ്രദ്ധയോടെ പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ചു ആ പത്രോസിൻ്റെ ആ പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ മറിയ എരിശലേം സഭയിലെ ഒരു അംഗമായിരുന്ന ആ മറിയ ആ മറിയയുടെ മകനാണ് മകനാണ് ഈ മർക്കോസ് എന്ന് നമുക്ക് കാണാൻ കഴിയും നമുക്ക് ആ പുസ്തല പ്രവൃത്തി പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ടിൽ ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിലാണ് പത്രോസ ജയിലിൽ നിന്ന് ദൂതൻ മോചിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ചെന്നത് എന്ന് ന അവിടെ കാണുന്നുണ്ട് അതുപോലെ നമ്മൾ മർക്കോസിനെ കുറിച്ച് തുടർന്ന് നോക്കുമ്പോൾ അതിൻ്റെ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യം ഭർണബാസും ശൗലും ശുശ്രൂഷ നിർവഹിച്ച ശേഷം മർക്കോസ് എന്ന മറുപേരുള്ള യോഹനാനെയും കൂട്ടി ഗരിശിലയും വിട്ടും മടങ്ങിപ്പോന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ താരതമ്യേനെ ചെറുപ്പക്കാരനായ ഈ മർക്കോസ് ഗരിശിലേ സഭയിലെ ഒരു അംഗമായിരുന്നു താൻ ചെറുപ്പക്കാരനായിരുന്നെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെയുള്ള താല്പര്യം കൊണ്ട് ബർണബാസും ശൗലും അവരെന്ത് ചെയ്തു അവരെ അരിശിലേ വിട്ടു പോകുമ്പോൾ ഈ മർക്കോസിനെ കൂടെ തങ്ങളുടെ കൂട്ടത്തിലെ കൂട്ടി എന്നാൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ മർക്കോസിൻ്റെ ചരിത്രം നമുക്കൊരു നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചും നമുക്കൊരു ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നതുകൊണ്ട് നമുക്കത് വളരെ വേഗത്തിലൊന്ന് നോക്കാം അതിൻ്റെ അപ്പോസിൽ പ്രവൃത്തി പതിമൂന്നിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ ഈ മർക്കോസ് പൗലോസിനെയും ബർന്നബാസിനെയും വിട്ട് മടങ്ങിപ്പോയി എരിശലേമിലേക്ക് അവൻ്റെ വീട്ടിലേക്ക് അങ്ങ് മടങ്ങിപ്പോയി എന്ന് കാണുന്നു അതിൻ്റെ പതിമൂന്നിൻ്റെ പതിമൂന്നില് അവർ പെർഗയിൽ വെച്ച് പെർഗയില് പൗലോസും ബർന്നബാസും യോഹന്നാൻ എന്ന മറുപേരുള്ള മർക്കോസും കൂടെ ചെന്നു സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് അപ്രേഷിത പ്രവർത്തനത്തിനായിട്ട് ചെന്നു എന്നാൽ അവിടെ വെച്ച് അവൻ താരതമ്യേനെ ചെറുപ്പക്കാരനായ അവൻ എന്ത് ചെയ്തു അവൻ തിരിച്ചങ്ങ് വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ തുടർന്ന് പതിനഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്റ്റില പ്രവൃത്തി പതിനഞ്ചാം അധ്യായം അതിന്റെ മുപ്പത്തി മുതൽ നാല്പത് വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോ കുറെ നാൾ കഴിഞ്ഞ് പൗലോസും ഭർണവാസും വീണ്ടും ചെന്ന് സുവിശേഷ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായിട്ട് അവിടെ ഇതാ മർക്കോസ് വീണ്ടും ഇവരോടൊപ്പം പോകാനായിട്ട് തയ്യാറാകുന്നു പക്ഷെ പൗലോസ് എന്തോ പറഞ്ഞു പൗലോസ് പറഞ്ഞു നേരത്തെ ഞങ്ങളുടെ കൂടെ വന്നിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി ഇറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ആ നിലയിലുള്ള പീഡനങ്ങളോ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളോ വന്നപ്പം ഇത് ഇട്ടേച്ച് മടങ്ങിപ്പോയവനെ ഇനിയിപ്പം നമ്മുടെ കൂടെ കൂട്ടണ്ട എന്നൊരു പൗലോസ് വളരെ ശക്തമായ ഒരു നിലപാടെടുത്തു അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്യം ഒരു പൗലോസിനെ സഹായിച്ചിരിക്കും ലൂക്കോസ് ഒൻപതിന്റെ അറുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രമാണം വെച്ചായിരിക്കാം പൗലോസ് പറയുന്നു ആഹ് മർക്കോസ് അന്ന് നമ്മളെ വിട്ടുപോയവനാ അവന് ഏർ ആ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുകയും തിരിച്ച് വീട്ടിൽ പോയവനുമാണ് ഇനി അവനെ കൂടെ കൊണ്ടുപോകുന്ന പ്രശ്നമില്ല എന്ന് പൗലോസ് ഒരു നിലപാടെടുത്തു എന്നാൽ ഭർന്നബാസ് താരതമ്യനെ അവനെ അങ്ങനെയുള്ള ചെറുപ്പക്കാരെയും നമ്മൾ സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കൂടുതലൊരു കൃപയുള്ള ഒരു നിലപാടായിരുന്നു ഭർന്നബാസിൻ്റേത് ഭർന്നബാസിൻ്റെ ഒരു ബന്ധു കൂടിയാണല്ലോ മർക്കോസ് അതുകൊണ്ട് ഭർന്നബാസ് ഈ മർക്കോസിനെ കൂട്ടിക്കൊണ്ട് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് പോയി പൗലോസ് ഷീലാസിനെ കൂട്ടിക്കൊണ്ട് തൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് പോയി പൗലോസും ബർന്നബാസും അവിടെ വെച്ച് വേർവിരിയുന്നു ഇതൊക്കെയാണ് നമ്മൾ അപ്പോസ്ലെ പ്രവൃത്തി പതിനഞ്ചിൻ്റെ മുപ്പത്താറ് നാൽപ്പത് വാക്യങ്ങളിൽ കാണുന്നത് അപ്പോൾ ഇത്രയും വായിക്കുമ്പോൾ നമുക്ക് ഈ മർക്കോസിനെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല തോന്നുന്നത് ഒരിക്കലെ പ്രവർത്തനത്തിന് ഇറങ്ങി എന്നാൽ കഷ്ടപ്പാട് കണ്ട് തിരിച്ചു പോയവനാണ് അവനെ വിശ്വസിക്കാൻ കൊള്ളാകുന്നവനല്ല താരതമ്യേനെ ചെറുപ്പക്കാരനായതുകൊണ്ട് ഒരു ഗൗരവമുള്ളവനല്ല എന്നൊക്കെ നമുക്ക് തോന്നൽ വരാം എന്നാൽ ഈ മർക്കോസ് എന്ത് ചെയ്തു മർക്കോസിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു പാളിച്ച തന്നെയാണ് അവന് ഭർന്നബാസിനെയും പൗലോസിനെയും വിട്ടിട്ട് പൗഫുല്യയിൽ വെച്ച് പെർഗയിൽ വെച്ച് മടങ്ങിപ്പോയത് പക്ഷേ അങ്ങനെ മടങ്ങിപ്പോയെങ്കിലും അവന് പിന്നീട് ഒരു അനുതാപം ഉണ്ടായി വീണ്ടും ഇവരോടൊക്കെ പ്രവർത്തനത്തിനായിട്ട് വന്നു അത് യഥാർത്ഥത്തിലുള്ള ഒരു മാനസാന്തരമായിരുന്നെന്ന് പൗലോസിന്റെ തന്നെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും കൊലോസിയർ നാലിൻ്റെ പത്ത് വായിക്കുക കൊലോസിയർ നാലിൻ്റെ പത്ത് അവിടെ പൗലോസ് ഈ മർക്കോസിനെ പറയുന്നുണ്ട് അവന് നല്ല അവന് നിങ്ങളുടെ അടുക്കൽ വന്നാൽ കൊലോസിയരോട് പറയുന്നു നിങ്ങളുടെ അടുക്കൽ വന്നാൽ സ്വീകരിക്കുക എന്ന് പറയുന്നുണ്ട് ഫിലേമോൻ ഇരുപത്തിനാലിൽ പൗലോസ് പറയുന്നുണ്ട് എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസ് അപ്പൊ നോക്കുക ഇടയ്ക്ക് വിട്ടു പോയിട്ട് ഭർന്നബാസിന്റെ കൂടെ കൂടിയ ശേഷം പതുക്കെ പതുക്കെ അവൻ്റെ പ്രവർത്തനത്തിൻ്റെ ആ നിലയിലുള്ള അവൻ്റെ സത്യസന്ധതയും ആ പ്രവർത്തനത്തിലുള്ള ശുഷ്കാന്തിയും കൊണ്ട് പൗലോസ് അവനെ കൂട്ടുവേലക്കാരനായിട്ട് അംഗീകരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും പൗലോസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ലേഖനമായ രണ്ട് തീമത്തിയോസ് നാലിൻ്റെ പതിനൊന്നിലും അവിടെ നമ്മൾ കാണുന്നുണ്ട് മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്നുണ്ട് കണ്ടോ അപ്പോ മർക്കോസ് ഇടയ്ക്ക് വിട്ടുപോയെങ്കിലും അവന് ഒരു അനുതാപത്തോടെ വീണ്ടും പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചു വന്നു തനിക്കെതിരെ ശക്തമായ നിലപാടെടുത്ത പൗലോസിനോട് ഒരു വിരോധമില്ലാതെ പൗലോസിന്റെ അടുക്കൽ താന് വീണ്ടും ഒരു കൂട്ടുവേലക്കാരനായും പൗലോസിന്റെ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനായും അവൻ തന്നെ തന്നെ തെളിയിച്ചു ആ മർക്കോസാണ് ഈ സുവിശേഷം എഴുതിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ളവരെ നമ്മൾ ഈ സുവിശേഷകാരനായ മർക്കോസിൻ്റെ ജീവിതത്തെ ചിന്തിക്കുകയായിരുന്നല്ലോ മർക്കോസിൻ്റെ ജീവിതത്തിൽ അവനെ കഷ്ടപ്പാടുകൾ കണ്ട് കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കിയവനാണ് പക്ഷെ അതിനെക്കുറിച്ച് ഒരു യഥാർത്ഥ അനുതാപത്തോടെ അവൻ മടങ്ങി വരികയും തന്നെക്കെതിരെ നിലപാടെടുത്ത പൗലോസിൻ്റെ ഒക്കെ പ്രീതി വീണ്ടും അവൻ്റെ പ്രവർത്തനത്തിൻ്റെ ശുഷ്കാന്തി കൊണ്ടും ദൈവത്തോടുള്ള അവൻ്റെ ആ നിലയിലുള്ള പ്രതിബദ്ധത കൊണ്ടും ഒക്കെ അവൻ തെളിയിച്ച് അങ്ങനെ വീണ്ടും ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനും അവരുടെ കൂട്ടുവേലക്കാരനും ഒക്കെ ആയിട്ട് മാറിയ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ കണ്ടത് അപ്പൊ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ മർക്കോസിന് പക്ഷേ യേശുവിൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ സുവിശേഷമായിട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞത് അന്ന് യേശുവിനോടൊപ്പം മർക്കോസ് അങ്ങനെ നടന്നിരുന്നില്ലല്ലോ പിന്നെ എവിടെ നിന്നാണ് തനിക്ക് ഈ വിവരങ്ങളൊക്കെ ലഭിച്ചത് എന്ന് നമുക്ക് ന്യായമായിട്ടും സംശയം വരാം അതിനുള്ള മറുപടി എന്തെന്ന് ഈ മർക്കോസ് ഭരണവാസനോടൊപ്പം ഉണ്ടായിരുന്നു പൗലോസിനോടൊപ്പം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പത്രോസിനോടൊപ്പം പത്രോസിനോടൊപ്പവും ഈ മർക്കോസ് അടുത്ത് പെരുമാറുകയും അങ്ങനെ പത്രോസിനോടൊപ്പം ജീവിച്ചിരുന്ന കാലത്ത് പത്രോസ് തന്നെ പറഞ്ഞ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള രംഗങ്ങൾ താൻ മനസ്സിലാക്കി അങ്ങനെ പത്രോസ് പറഞ്ഞുകൊടുത്തതനുസരിച്ച് എഴുതിയതാണ് ഈ മ ഈ സുവിശേഷം എന്നാണ് വേദപണ്ഡിതന്മാരെ പറയുന്നത് പത്രോസിന് ഈ മർക്കോസിനോടുള്ള അടുപ്പത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്യം നമ്മൾ ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ പതിമൂന്നിൽ കാണുന്നുണ്ട് ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ പതിമൂന്നിൽ പത്രോസ് പറയുന്നു എനിക്കും മകനായ മർക്കോസും അപ്പോൾ കണ്ടോ അവിടെ പത്രോസ് അപ്പോ സ്ഥലൻ മകനെപ്പോലെയാണ് ഈ മർക്കോസിനെ കാണുന്നത് ആ മർക്കോസിനോട് യേശുവിൻ്റെ ജീവിതത്തിൽ പത്രോസ് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ളവനായിരുന്നു താനെ കണ്ടതും മനസ്സിലാക്കിയതും എല്ലാ കാര്യങ്ങളും ഈ മർക്കോസിന് പറഞ്ഞു കൊടുത്തു മർക്കോസ് അത് രേഖപ്പെടുത്തി അങ്ങനെയാണ് നമുക്ക് ഈ അനുഗ്രഹീതമായ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം നമുക്ക് ലഭിച്ചത് അപ്പം നമ്മളീ മർക്കോസിൻ്റെ സുവിശേഷം എടുത്ത് വായിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ അത് പഠിക്കുമ്പോഴൊക്കെ ഈ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താ ഇതിൻ്റെ അകത്ത് ഈ സുവിശേഷം എഴുതാൻ ദൈവം നിയോഗിച്ച മർക്കോസ് അവൻ്റെ ജീവിതം തുടക്കം മുതല് ഒരു പാളിച്ചയും പടിപടിയായിട്ട് അങ്ങ് വളർന്നു മുന്നോട്ട് പോയ ദൈവത്തിൻ്റെ വിലയേറിയ ഒരു ദാസനായിരുന്നു എന്നല്ല നമ്മൾ കാണേണ്ടത് മറിച്ച് നമ്മളെപ്പോലൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ ആകെ അത് ഇട്ടേച്ചു പോകുന്ന പോലെ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് മടുത്തു പോകുന്ന പോലെ അങ്ങനെയൊക്കെ നിരാശപ്പെട്ടു പോകുന്നത് പോലെ അങ്ങനെയൊക്കെയുള്ള മാനുഷികമായ ചില ബലഹീനത മർക്കോസിനും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ബലഹീനതയിൽ നിന്ന് അവൻ എന്തു പറ്റി അവനൊരു മടങ്ങിവരവുണ്ടായി അതാണ് കാര്യങ്ങളെ വ്യത്യാസമാക്കുന്നത് പ്രിയപ്പെട്ടവരെ അപ്പം മർക്കോസിൻ്റെ സുവിശേഷം ഓരോ തവണ നമ്മൾ വായിക്കുമ്പോഴും ഈ സുവിശേഷകാരൻ തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് തരുന്ന സന്ദേശം എന്താ നമുക്ക് തരുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുപോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു നിരാശ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽപ്പെട്ട് ജീവിതം മുഴുവൻ അങ്ങ് മർക്കോസ് വാക്കും ഭാഷണവും കൂടാതെ നമ്മളോട് പറയുന്നത് എന്താ ഞാനും എന്തായിരുന്നു ഞാനും കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കിയവനാണ് പക്ഷേ ഞാൻ യഥാർത്ഥ അനുതാപത്തോടം മടങ്ങി വന്നപ്പോൾ അങ്ങനെയുള്ളവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ലെന്ന് പറഞ്ഞ കർത്താവ് തന്നെ എന്നെ സ്വീകരിക്കുകയും എന്നെ തുടർന്ന് എൻ്റെ അടുത്ത തുടർന്നുള്ള ജീവിതത്തിൽ വളരെ അനുഗ്രഹീതമായ പല പ്രവർത്തനങ്ങൾ ചെയ്തെടുക്കാൻ എന്നെ ദൈവം പരിശുദ്ധാത്മാവിനാൽ സഹായിക്കുകയും ചെയ്തു എന്നുള്ള സാക്ഷ്യമാണ് മർക്കോസ് പറയുന്നത് അതുപോലെ എനിക്കെതിരെ ഗൗരവമായ നിലപാടുകൾ എടുത്ത പൗലോസിനെയൊക്കെ വളരെ സ്നേഹത്തോടെ ശുശ്രൂഷിച്ച് അവരുടെയൊക്കെ പ്രീതിവാത്സല്യങ്ങൾ പിടിച്ചു പറ്റാൻ എനിക്ക് കഴിഞ്ഞു അതിനെക്കുറിച്ചുള്ള വിരോധമൊന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കാതെ എനിക്കാണ് തെറ്റുപറ്റിയത് അല്ലാതെ പൗലോസിനെ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ള പൗലോസിനെ സ്നേഹിച്ചും സേവിച്ചും താന് അവൻ്റെ പൗലോസിൻ്റെ ഒരു കൂട്ടുവേലക്കാരനും പൗലോസിൻ്റെ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവനുമാണ് എന്ന് തെളിയിച്ചു എന്നെല്ലാം നമ്മൾ കാണുമ്പോൾ അതൊ നമുക്കും എന്താണ് നമുക്കും അതൊരു വെല്ലുവിളിയും നമുക്കൊരു ഉത്സാഹവുമാണ് തരുന്നത് പത്രോസിൽ നിന്നെ പ്രായമുള്ള ആ അപ്പോസലിനോടൊപ്പം ഒരു മകനെപ്പോലെ ആ ഒരു പിതാവിനെ ശുശ്രൂഷിക്കുന്ന ഒരു മകനെപ്പോലെ പത്രോസിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് വളരെ നല്ല ഒരു മർക്കോസിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു പാഠമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് പ്രിയപ്പെട്ടവര് ഈ പശ്ചാത്തലം നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ മർക്കോസിന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിലേക്ക് കിടക്കാം മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ കർത്താവ് ചിലരെ ഏർ ശിഷ്യന്മാരായിട്ട് വിളിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് ഒന്നിന്റെ പതിനാറ് പതിനേഴ് കർത്താവ് പത്രോസിനെ അത്രയോസിനെയും വിളിക്കുന്നു അതുപോലെ തന്നെ ഇരുപതാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അത്രയോസിനെ വിളിക്കുന്നു രണ്ടാമധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ലേവി എന്ന ചുങ്കക്കാരനെ തൻ്റെ ശിഷ്യനായിട്ട് വിളിക്കുന്നു ഇവരെയൊക്കെ വിളിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തായിട്ടാണ് വിളിക്കുന്നത് എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞ് യേശു വിളിക്കുമ്പോൾ പത്രോസും ആ നിലയിൽ അത്ര ദിവസം യോഹന്നാനും ലേവിയും ഒക്കെ കർത്താവിനെ അനുഗമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് കർത്താവിൽ നിന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ രണ്ട് ആഹ്വാനങ്ങൾ മുഴങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട് മത്തായി എഴുതിയ സെഷേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തൊൻപതാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട് എന്നിൽ നിന്ന് പഠിക്കുക താഴ്മയും സൗമ്യതയും എന്നിൽ നിന്ന് പഠിക്കുക അപ്പൊ ചില കാര്യങ്ങൾ തന്നിൽ നിന്ന് പഠിക്കാൻ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ കേവലം പഠിക്കുന്നത് മാത്രമല്ല എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് അന്ന് ആളുകളോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാവണം ഒന്ന് കർത്താവിൽ നിന്ന് പഠിക്കണം അതുപോലെ തന്നെ കർത്താവിനെ പ്രായോഗികമായിട്ട് അനുഗമിക്കുകയും വേണം കർത്താവിനെ പിന്തുടരുകയും വേണം ഒരു ഒരു പട്ടാളക്കാരൻ ഇടത്ത് ലെഫ്റ്റ് റൈറ്റ് ഇട എന്നിങ്ങനെ മാർച്ച് ചെയ്തു പോകുന്നത് പോലെ ആ രണ്ട് കാലുകൾ പോലെയാണ് പഠിക്കുക അനുഗമിക്കുക പഠിക്കുക അനുഗമിക്കുക ഇത് രണ്ടും വേണം പലരെ സംബന്ധിച്ചും ഇന്ന് ക്രിസ്തീയ ലോകത്ത് പലരെ സംബന്ധിച്ചും ദൈവവചനം പഠിക്കുന്നവരൊക്കെ ആയിരിക്കും പക്ഷേ ജീവിതം കൊണ്ട് യേശുവിനെ അനുഗമിക്കുന്നതിന് അവരെ ഊന്നൽ കൊടുക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ അനു കർത്താവിൽ നിന്ന് പഠിക്കുന്നവരും കർത്താവിനെ അനുഗമിക്കുന്നവരുമായിരിക്കണം എന്ന് നമ്മൾ ആ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്നാമധ്യായം അതിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് ആ നിലയില് ഭൂതത്തെ പുറത്താക്കിയിട്ട് അവനെ അറിയുകൊണ്ട് സംസാരിപ്പാൻ കർത്താവ് അനുവദിച്ചില്ല എന്ന ഒരു വാക്യം നമ്മൾ കാണുന്നു എന്തുകൊണ്ടാണ് കർത്താവ് ഭൂതങ്ങൾ നീ ദൈവപുത്രൻ െന്ന് അവര് സാക്ഷ്യപ്പെടുത്തുന്നത് അനുവദിക്കാതിരുന്നത് കർത്താവിന് എന്ത് വേണ്ട ഭൂതങ്ങളുടെ ഒരു സാക്ഷ്യം വേണ്ട കർത്താവായ യേശു ജീവിതത്തിൽ ആ നിലയില് കാണുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഈ നിലയിലുള്ള അംഗീകാരം അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു പുകഴ്ച ആഗ്രഹിച്ചില്ല താൻ എന്ത് ചെയ്തു അതിൻ്റെ അടുത്ത വാക്യത്തിൽ കാണുന്നത് ഒന്നിൻ്റെ മുപ്പത്തഞ്ചിൽ കാണുന്നത് അതിരാവിലെ യേശു പ്രാർത്ഥിക്കാനായിട്ട് പോയി പ്രാർത്ഥിക്കാനായിട്ട് പോയി കേവലം മനുഷ്യരുടെയോ അല്ലെങ്കിൽ ഭൂതങ്ങളുടെയോ ഒക്കെ സാക്ഷ്യത്തില് പുകഴുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ശരാശരി ആളായിരുന്നില്ല കർത്താവ് കർത്താവ് ആ സാക്ഷ്യമൊന്നും വേണ്ട എന്നാൽ താൻ എന്താഗ്രഹിച്ചു പിതാവിൻ്റെ സാക്ഷ്യം അത് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നു അവിടെ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നു ദൈവത്തിൻ്റെ പിതാവിൻ്റെ മുൻഭാഗം ജീവിക്കുന്നത് കാണുന്നു ഇത് കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ കാര്യം നമ്മൾ പഠിക്കുകയും കർത്താവിനെ ആ കാര്യത്തിൽ അനുഗമിക്കുകയും വേണം കർത്താവിങ്ങനെ അതിരാവിലെ പിതാവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിച്ചതുകൊണ്ടാണ് എന്ത് ചെയ്തത് അവിടെ കർത്താവിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ആത്മീക കാര്യങ്ങളിൽ ഉണർവുള്ള ആളുകളുള്ള സ്ഥലത്തു നിന്ന് അതൊന്നുമില്ലാത്ത പുതിയൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പോകാമെന്ന് യേശു പറയുന്നതും നമ്മൾ അതിന് താഴെ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാര്യം കർത്താവ് എങ്ങനെയാ മനസ്സിലാക്കിയത് രാവിലെ പിതാവിൻ്റെ സന്നദ്ധിയിൽ സമയം ചെലവഴിച്ചപ്പോഴായിരിക്കാം താനെ മനസ്സിലാക്കിയത് ഇവിടുത്തെ ശുശ്രൂഷ നീ ഇവിടെ നിന്നെ അംഗീകരിക്കുന്നു ഇവിടെ ആളുകൾ ആ നിലയിൽ ആത്മീകമായ ഉണർവുള്ളവരാണ് പക്ഷെ അതിൽ സന്തോഷിച്ച് ഇവിടെ അങ്ങ് നിൽക്കാതെ പുതിയ സ്ഥലത്തേക്ക് നമ്മൾ പോകണം എന്നുള്ളത് പിതാവിൽ നിന്ന് കേട്ടതായിരിക്കും അതുകൊണ്ട് അവൻ പ്രാർത്ഥന കഴിഞ്ഞ് അത് രാവിലെ ശിഷ്യന്മാരൊക്കെ പറഞ്ഞു നീ പുതിയ സ്ഥലത്ത് പോകണ്ട ഇവിടെ തന്നെ നിൽക്ക എന്നുള്ള നിലയിൽ ശിഷ്യന്മാർ ശിമുനും കൂടെയുള്ളവരും പിന്നാലെ ചെന്നേശുവിനോട് പറയുന്നു ഒന്നിൻ്റെ മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിലാണ് അപ്പോൾ കർത്താവ് എന്താ പറയുന്നത് അല്ല നമ്മൾ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകാം ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞു ഇങ്ങനെ അവർ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു അപ്പൊ കർത്താവിൻ്റെ ശുശ്രൂഷയിലെ തുടർന്ന് എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഉള്ള കാര്യമൊക്കെ കർത്താവ് ആരിൽ നിന്നും മനസ്സിലാക്കിയിരിക്കും അതിരാവിലെ പിതാവിൻ്റെ സന്നിധിയിൽ സമയം ചെലവഴിച്ചപ്പോൾ പിതാവിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ആളുകളുടെ സാക്ഷ്യത്തിൽ കർത്താവിന് താല്പര്യമില്ലായിരുന്നു കർത്താവ് പിതാവിൻ്റെ മുൻപാകെ തൻ്റെ ജീവിതം ആ നിലയിൽ താൻ സമയം ചെലവഴിച്ചു അതുകൊണ്ട് തുടർന്ന് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ആ നിലയിലുള്ള പിതാവിൻ്റെ ഇഷ്ടവും പിതാവിൻ്റെ ഹിതവും ഒക്കെ ദൈവത്തിൽ നിന്ന് തന്നെ നേരിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു ഈ കാര്യം നമ്മൾ കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ പഠിക്കുകയും നമ്മൾ ഈ കാര്യത്തിലും കർത്താവിനെ അനുഗമിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് മൊർക്കോസിന്റെ സുവിശേഷം രണ്ടാമധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രാരംഭവാക്യങ്ങളില് യേശു ഒരു പക്ഷവാതക്കാരനെ സൗഖ്യമാക്കുന്ന മനോഹരമായ ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് മർക്കോസിന്റെ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നതിതാണ് യേശു കഫർ ഒരു വീട്ടിൽ ചെന്നു ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു അവൻ വീട്ടിൽ ശ്രുതിയായി ഉടനെ വാതുക്കൾ പോലും ആർക്കും വരാൻ കഴിയാതെ വണ്ണം പലരും വന്നുകൂടി ആ സമയത്താണ് ചിലര് ഒരു പക്ഷവാത രോഗിയെ ും കൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നത് എന്നാൽ പുരുഷാരം വാതുക്കൽ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് അവർക്ക് യേശുവിനെ സമീപിക്കാനായിട്ടൊക്കെ ഇല്ലായിരുന്നു അവരെ എന്തു ചെയ്തു അവരെ ഈ വീടിൻ്റെ മേൽപ്പുര പൊളിച്ച് തുറന്ന് യേശു ഇരിക്കുന്നതിൻ്റെ മുമ്പിലേക്ക് നാല് പേര് ഈ പക്ഷവാതക്കാരനെ കിടക്കയോടുകൂടെ യേശുവിൻ്റെ മുമ്പിൽ വെച്ചു യേശു ആദ്യം അവൻ്റെ പാവങ്ങൾ മോഹിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു അത് അവനെ സൗഖ്യമാക്കി ഈ സംഭവമാണ് നമ്മളെ കാണുന്നത് മറ്റ് ഒരു സുവിശേഷത്തിലും മറ്റ് ഒരു രംഗത്തും ഇവർ നാല് പേരാണ് ഈ മേൽപ്പുര തുറന്ന് ഈ പക്ഷവാതക്കാരനെ ഈ യേശുവിൻ്റെ മുമ്പിലേക്ക് വെച്ചത് നാല് പേരാണെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കണ്ട ഒരു കിടക്കയുടെ നാലരികിൽ കയർ താഴ്ത്തി യേശുവിൻ്റെ മുമ്പിൽ വെക്കണമെങ്കിൽ നാല് പേര് വേണം കൃത്യ നാല് സുഹൃത്തുക്കളുള്ള ഒരു പക്ഷപാതക്കാരൻ അവൻ്റെ സുഹൃത്തുക്കൾ നാല് പേരും യേശുവിൻ്റെ അടുക്കൽ അവനെ കൊണ്ടുവന്നാൽ അവന് സൗഖ്യം ലഭിക്കും എന്നവർക്ക് ഉറപ്പായിരുന്നു അവർ അവിടെ വന്ന് അങ്ങനെ ചെയ്തു ഈ സംഭവമാണ് നമ്മളവിടെ കാണുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാല് പക്ഷപാതക്കാരൻ്റെ സുഹൃത്തുക്കൾക്കും ഒരു കാര്യം അറിയാമായിരുന്നു അതായത് തങ്ങള് ഈ ആവശ്യത്തിലിരിക്കുന്ന ഒരുവന് വേണ്ടി ഒരു വീടിൻ്റെ മേൽക്കൂരത്ത് ഒളിച്ച് അങ്ങനെ അതിലൂടെ ആ രോഗിയെ മുൻ താഴേക്ക് ഇറക്കി വെച്ചാലും ആ വീട്ടുടമസ്ഥൻ അവരോട് ദേഷ്യപ്പെടുകയോ അവരോട് കലഹിക്കുകയോ ചെയ്യാത്ത ഒരാളാണ് എന്ന ഒരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നു ഇല്ലേ അങ്ങനെയുള്ള ഒരു ഉറപ്പുണ്ടായത് കൊണ്ടാണ് അവർ തീർച്ചയായിട്ടും ആരോടും ചോദിക്കാതെ ആ മേൽപ്പൂര തുറന്ന് ഈ പക്ഷപാതക്കാരനെ താഴേക്ക് ഇറക്കിയത് നമ്മളാണെന്ന് ഓർക്കുക നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാനായിട്ട് ധൈര്യപ്പെടുമോ മറ്റൊരു വീടിൻ്റെ മേൽക്കൂര തുറന്ന് നമ്മുടെ സുഹൃത്തായ പക്ഷപാതക്കാരനെ അങ്ങോട്ട് താഴോട്ടിറക്കാനായിട്ട് നമ്മൾ ധൈര്യപ്പെടുമോ ഇല്ല ധൈര്യപ്പെടാത്തതിന് കാരണം ആ വീട്ടുടമസ്ഥൻ എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്കറിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വന്ന പക്ഷവാതക്കാരൻ്റെ സുഹൃത്തുക്കൾക്ക് ആ കാര്യത്തിൽ വളരെ ഉറപ്പുണ്ടായിരുന്നു ഇത് ഈ വീട്ടുടമസ്ഥൻ തങ്ങളോട് കലഹിക്കുകയില്ല ഒരാളുടെ ആവശ്യത്തിന് തൻ്റെ വീടിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നവനാണ് എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ വീട്ടുടമസ്ഥനാണ് ഇതിൽ ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് എന്ന വരുന്നു ആട്ട ഈ വീട്ടുടമസ്ഥൻ ആരാണ് നമ്മൾ വാക്യങ്ങളെ വാക്യങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മളെ കാണുന്നു യോഹ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ യേശു ഗലിയിലേക്ക് വാങ്ങിപ്പോയി നസ്രയത്ത് വിട്ട് സെബിലുവിൻ്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കപർ നഹൂമിൽ ചെന്ന് പാർത്തു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ യേശു നസ്രായൻ എന്നാണ് നമ്മൾ അറിയുന്നത് നസ്രയത്തിലാണ് യേശു ആ നിലയിൽ വളർന്നത് പക്ഷേ ഇവിടെ ഇതാ മത്തായി എഴുതിയ സുവിശേഷം നാലിൻ്റെ പന്ത്രണ്ട് പതിമൂന്നിൽ പറയുന്നു യേശു നസ്രത്ത് വിട്ട് നഫ്താലിയിലേക്ക് വീടു മാറിയിരുന്നു അപ്പോൾ ഈ വാക്യത്തെ നമ്മൾ മർക്കോസ് രണ്ടിൻ്റെ ഒന്നിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു അവൻ പിന്നെയും കഫർനഹൂമിൽ ചെന്നു അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി അവൻ കഫർ ചെന്നു അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി അപ്പോൾ ഈ മർക്കോസ് രണ്ടൊന്നിനെയും മത്തായി നാല് പന്ത്രണ്ട് പതിമൂന്നിനെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നു ഇത് യേശുവിൻ്റെ തന്നെ വീടാണ് യേശുവിൻ്റെ തന്നെ വീടായതുകൊണ്ട് ഈ വന്നവർക്കുറപ്പുണ്ടായിരുന്നു തങ്ങള് മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി ഈ വീടിൻ്റെ മേൽക്കൂര തുറന്നാലും ആ വീട്ടുടമസ്ഥനായി യേശു കലഹിക്കയില്ല എന്നവർ ഉറപ്പുണ്ടായിരുന്നു പ്രിയപ്പെട്ടവർ യേശു ആളുകളുടെ ആവശ്യങ്ങളെ തൻ്റെ വ്യക്തിപരമായ സ്വത്തിനേക്കാൾ ഉപരി എത്ര വിലമതിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭൗതിക വസ്തുക്കളോട് യേശുവിൻ്റെ ഈ കാഴ്ചപ്പാട് നമുക്കുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചോദന ചെയ്യാം അതുപോലെ തന്നെ ഈ സംഭവത്തിൽ ഉള്ള മറ്റൊരു കാര്യം അവിടെ ഈ ഇവിടെ ഈ പക്ഷപാതക്കാരനെ യേശു സൗഖ്യമാക്കിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ സുഹൃത്തുക്കൾ അവരുടെ വിശ്വാസം കണ്ടിട്ടാണ് യേശു സൗഖ്യമാക്കിയത് പറയുന്നു നമ്മൾ സാധാരണ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ രോഗിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം അവനെ എഴുന്നേൽപ്പിക്കും എന്നുള്ള നിലയിലാണല്ലോ നമ്മളെ കേട്ടിട്ടുള്ളത് എന്നാൽ സുവിശേഷങ്ങൾ വളരെ സൂക്ഷിച്ച് വായിക്കുമ്പോൾ നമുക്ക് വേറെയും രണ്ട് മൂന്ന് ഇതേപോലെ ഉള്ള സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും അതായത് കൊണ്ടുവരുന്ന ആളുകളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു പ്രവർത്തിച്ച രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷൻ രണ്ടാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം പതിനൊന്നാമത്തെ വാക്യം ഇവ വായിച്ചാൽ ഈ പക്ഷപാതക്കാരൻ്റെ വിശ്വാസത്തെക്കാൾ അവനെ കൊണ്ടുവന്ന സുഹൃത്തുക്കളുടെ വിശ്വാസത്തിന്മേലാണ് യേശു അവന് സൗഖ്യം നൽകിയത് എന്നെ കാണാൻ കഴിയും നമ്മളിങ്ങനെ മൂന്ന് സംഭവങ്ങളെങ്കിലും സുവിശേഷങ്ങളിൽ വേറെ കാണുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ഭൂതഗ്രസ്ഥനായ മകനുമായിട്ട് വന്ന ഒരു പിതാവിൻ്റെ വിശ്വാസം കണ്ടിട്ട് മകന് യേശു സൗഖ്യം കൊടുക്കുന്നു മർക്കോസ് ഒമ്പത് ഇരുപത്തി അതുപോലെ മത്തായി പതിനഞ്ച് ഇരുപത്തെട്ടിൽ തൻ്റെ മകളുമായിട്ട് വന്ന കനാന്യസ്ത്രീയുടെ വിശ്വാസം കണ്ടിട്ട് ആ മകൾക്ക് സൗഖ്യം കൊടുക്കുന്നു മത്തായി എട്ടിൻ്റെ പതിമൂന്നിൽ ശതാധിപൻ്റെ വിശ്വാസം കണ്ടിട്ട് ശതാധിപൻ്റെ വൃത്തിയന് യേശു സൗഖ്യം കൊടുക്കുന്നു ഇവിടെ ഈ സുഹൃത്തുക്കളുടെ വിശ്വാസം യേശുവിനെ വിസ്മയിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ യേശു പക്ഷവാതക്കാരന് സൗഖ്യം കൊടുക്കുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എടുക്കാവുന്ന ഒരു ചിന്ത നമ്മുടെ ചില സുഹൃത്തുക്കൾ നമ്മുടെ ചില പ്രിയപ്പെട്ടവർ അവർ പക്ഷപാത രോഗിയെപ്പോലെ ഞാൻ പറയുന്ന ഭൗതികമായ പക്ഷപാതമല്ല ആത്മീയമായ നിലയിലൊക്കെ ചിലപ്പോൾ വിശ്വസിക്കാൻ അവർക്ക് കഴിവില്ലാതെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടതുപോലെ ആ നിലയിലുള്ള ആത്മീയമായ ആരോഗ്യമില്ലാതെ പക്ഷപാത രോഗിയെപ്പോലെ നിരാശയിലും പ്രത്യാശയില്ലാതെയുമൊക്കെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ആ സുഹൃത്തിന് ആ പ്രിയപ്പെട്ടവരെ നമുക്ക് യേശുവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു അവർക്ക് സൗഖ്യം നൽകുന്നത് കാണാനും കഴിയും എന്നൊരു പ്രമാണം കൂടെ ദൈവിക പ്രമാണം കൂടെ ഇവിടെ നമുക്ക് എടുക്കാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ പലരും നമ്മുടെ സുഹൃത്തുക്കൾ അവരെക്കുറിച്ച് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ നമുക്ക് അവരെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാമല്ലോ അവർക്ക് ഒരുപക്ഷെ വേണ്ടത്ര വിശ്വാസമില്ലെങ്കിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സൗഖ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ കനാന്യ സ്ത്രീയുടെ മകളുടെ രോഗസൗഖ്യം ശതാദീവൻ്റെ ഭത്യൻ്റെ രോഗസൗഖ്യം പിതാവിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂതഗ്രസ്ഥനായ മകനുണ്ടായ സൗഖ്യം അതുപോലെ ഇവിടെ നമ്മൾ വായിച്ച ആ പക്ഷവാതക്കാരൻ്റെ സുഹൃത്തുക്കളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ പക്ഷവാതക്കാരനുണ്ടായ രോഗസൗഖ്യം ഈ നാല് സംഭവങ്ങളെങ്കിലും ഈ കാര്യത്തിലേക്കാണ് വിരലി ചൂണ്ടുന്നത് നമുക്കതുകൊണ്ട് ഈ ഒരു ശുശ്രൂഷ നമ്മുടെ മുമ്പിൽ എന്നുള്ള കാര്യം നമുക്ക് ഏറ്റെടുക്കാം നമുക്ക് രണ്ടാമത്തെ ആയ അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട് അവിടെ യേശു പറയുന്നു ദീനക്കാർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് യേശു പറയുന്നു അതിൻ്റെ രണ്ടാമധ്യായം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ യേശുവിൻ്റെ ആ നമ്മൾ കാണുന്നത് അവിടെ യേശുവിന് യേശുവിനടുത്ത് ഇവർ ചിലർ വന്നിട്ട് പറയുകയാണ് നീ എന്തിനാണ് ഈ പറഞ്ഞതുപോലെ സമൂഹത്തിലെ അറിയപ്പെടുന്ന ആത്മീയരായ ആളുകളുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് പകരം അറിയപ്പെടുന്ന പാവികളായ ആളുകളുമായിട്ട് കൂട്ടായ്മ ആചരിക്കുകയും അവരെ സ്നേഹിതരായിട്ട് കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞ് യേശുവിനെ കുറ്റപ്പെടുത്തുന്നു അതിൻ്റെ ക്ഷമിക്കണം അതിൻ്റെ പതിമൂന്ന് മുതൽ അതിൻ്റെ പതിനേഴാമത്തെ വാക്യം അപ്പോൾ അവരോട് യേശു പറയുന്നു ഞാൻ ചുങ്കക്കാരോടും പാവികളോടും കൂടെ ആ നിലയിൽ കൂട്ടായ്മ ആചരിക്കുന്നതിന് കാരണം ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെക്കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാന്മാരെയല്ല പാവികളെ അത്ര വിളിപ്പാൻ പറഞ്ഞു പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ ഈ ഒരു മാതൃക നമ്മളും എടുക്കണം യേശു ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഭൂമിയിലില്ല പക്ഷേ യേശുവിൻ്റെ ശരീരമായ യേശുവിൻ്റെ സഭ ഇന്ന് ഈ ഭൂമിയിലുണ്ട് യേശുവിൻ്റെ സഭയായ യേശുവിൻ്റെ ശരീരമായ സഭയുടെ മനോഭാവം ഇതായിരിക്കണം അതായത് ദീനക്കാര് സമൂഹത്തില് ആ നിലയില് പല നിലയില് സമൂഹം മാറ്റി നിർത്തുന്ന ആളുകള് ചുങ്കക്കാര് പാപികള് എന്ന പേര് വിളിക്കുന്ന ആളുകള് സമൂഹത്തില് വേറെങ്ങോ അവർക്ക് പ്രവേശനമില്ല അവരിൽ ചിലർ ആത്മാർത്ഥമായിട്ട് അനുദവിച്ച് മുന്നോട്ട് വന്നാൽ അവരെ ഉൾക്കൊള്ളാനും അവരെ കൈകൊള്ളാനും അവരെ ചേർത്ത് പിടിക്കാനും ശരീരമാകുന്ന സഭയ്ക്ക് ഇന്ന് ഉത്തരവാദിത്വമുണ്ട് കാരണം യേശു ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ നയം വ്യക്തമാക്കി സൗഖ്യമുള്ളവർക്കല്ല ദീനക്കാർക്കാണ് വൈദ്യനെക്കൊണ്ട് ആവശ്യം പാവികളെ തേടിയാണ് ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല അപ്പോൾ അതുകൊണ്ട് ആളുകളെ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നിൽക്കാനും സഭയ്ക്കൊരു ഉത്തരവാദിത്വമുണ്ട് അവരെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെക്കുറിച്ച് സഭയെക്കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നു എന്നൊരു പാഠം കൂടെ ഈ മർക്കോസിൻ്റെ സുശേഷൻ രണ്ടാമധ്യായത്തിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് കഴിയും ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് യേശുവിൻ്റെ മനോഭാവം നമുക്ക് മുന്നോട്ട് പോകാം അതിന് ദൈവം നമുക്ക് വേണ്ട കൃപ തരട്ടെ ദൈവം നമ്മളെ സഹായിക്കാം